തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ ടായാലയും അവന്റെ മലക്കുകളും മുഹമ്മദ് നബിസല്ലാഹു അലിഹി വസ്ലംക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയുന്നു ഒ വിശ്വാസികളെ നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി അനുഗ്രഹം ചൊരിക്കുകയും സലാം ചൊല്ലുകയും ചെയ്യുക